യഹൂദർക്ക് നഖങ്ങളുള്ള എല്ലാ ജീവികളെയും നാം നിഷിദ്ധമാക്കി പശുക്കളിൽ നിന്നും ആടുകളിൽ നിന്നും അവയുടെ കൊഴുപ്പും നാം നിഷിദ്ധമാക്കി അവയുടെ മുതുകുകളിലോ കുടലുകളിലോ അസ്ഥികളുമായി കലർന്നതോ ഒഴികെ അവരുടെ അതിക്രമത്തിന് പ്രതിഫലമായി നാം അവർക്ക് നൽകിയ ശിക്ഷയാണിത് തീർച്ചയായും നാം സത്യം പറയുന്നവരാണ്